ം ഇരുപത്തിയേഴ് യോദ്ധാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ പതിനാറ് സംവത്സരം യരുസലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് യരൂഷ എന്ന് പേർ അവൾ സാദോക്കിന്റെ മകൾ ആയിരുന്നു അവൻ തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല ജനമോ വഷളത്വം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അവൻ യഹോവിയുടെ ആലയത്തിന്റെ മേലത്തെ പടിവാതിൽ പണുതൂ ഓഫേലിന്റെ മതിലും അവൻ വളരെ പണിത് ഉറപ്പിച്ചു അവൻ യഹൂദ മലനാട്ടിൽ പട്ടണങ്ങളും വനങ്ങളിൽ കോട്ടകളും ഗോപുരങ്ങളും പണിതൂ അവൻ അമ്മോന്യരുടെ രാജാവിനോട് യുദ്ധവും ചെയ്ത് അവരെ ജയിച്ചു അമ്മൂന്യർ അവന് ആണ്ടിൽ തന്നെ നൂറു തലന്തു വെള്ളിയും പതിനായിരം കോർ ഗോതമ്പും പതിനായിരം കോർ യവവും കൊടുത്തു അത്രയും തന്നെ അമ്മൂന്യർ രണ്ടാം ആണ്ടിലും മൂന്നാം ആണ്ടിലും കൊടുക്കേണ്ടി വന്നു ഇങ്ങനെ യോദ്ധാം തന്റെ ദൈവമായ ഹോയുടെ മുമ്പാകെ ക്രമമായി നടന്നതുകൊണ്ട് അവൻ ബലവാനായി തീർന്നു യോദ്ധാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ സകല യുദ്ധങ്ങളും അവന്റെ പ്രവൃത്തികളും ഇസ്രയേലിലെയും യഹൂദയിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ പതിനാറ് സംവത്സരം യരുഷലേമിൽ വാണു യോദ്ധാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവനെ ദാവിദിന്റെ നഗരത്തിൽ അടക്കം ചെയ്തു അവന്റെ മകനായ ആഹാസ് അവന് പകരം രാജാവായി